അവർക്കു ശേഷം വന്നവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെയും ഞങ്ങൾക്കു മുൻപേ വിശ്വാസത്തിൽ മുൻകടന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും നീ പുറത്തുതരയണമേ വിശ്വാസികളോട് ഹൃദയത്തിൽ യാതൊരു വിദ്വേഷവും ഉണ്ടാക്കരുതേ ഞങ്ങളുടെ രക്ഷിതാവേ തീർച്ചയായും നീ ദയാലുവും കരുണാനിധിയുമാണ്